സ്ത്രീകളെക്കാളും കുട്ടികളെക്കാളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നബിമാരെ കൊലപ്പെടുത്തിയ ആളുകളാണവർ നമ്മുടെ റസൂലായ മഹമ്മദ് അബ്ദുല്ലാ സല്ലാഹു അലി വസ്ല്ലം അവിടുത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചവരാണ് അവർ എത്രയോ തവണ അല്ല റസൂൾ ഉള്ള മരണപ്പെടുന്നത് ഷഹീദായിക്കൊണ്ടാണ് യഹൂദ സ്ത്രീയുടെ മാംസത്തിൽ പുരട്ടിയ വിഷം കഴിച്ചുകൊണ്ട് ഷഹീദായാണ് നമ്മുടെ റസൂൽ സല്ലാഹു അലിഹി വസ്ല്ലം മരണപ്പെട്ടത് ഒരു നിലക്ക് പറഞ്ഞാൽ യഹൂദരുടെ കൈ കൊണ്ടാണ് ഹസൂൽ അള്ളാഹി സ്വല്ലാ വസ്ലമിന്റെ മരണത്തിന്റെ സമയത്ത് അവിടത്തേക്ക് വേദന വർദ്ധിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് അവർ ചെയ്യുന്ന അതിക്രമങ്ങളിൽ അത്ഭുതമില്ല അത് അവരുടെ ചരിത്രമാണ് അവരുടെ ഭാവിയും അങ്ങനെ തന്നെയാണ് അള്ളാഹു പറഞ്ഞതുപോലെ അവരുദ്ദേശിച്ചതെല്ലാം ദുനിയാവിൽ നടന്നിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ ഭൂമി ബാക്കിയാവില്ലായിരുന്നു തകർന്നു എന്നാൽ അള്ളാഹു സുബാനുഹു വച്ചാലൻ ഈ ഉമ്മത്തിനെ സംരക്ഷിക്കുമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു ശരി യഹൂദർ റസൂൾ അള്ളാഹി സല്ലാ വസ്സലമയോട് കടുത്ത ശത്രുത അവർ കാണിച്ചിരുന്നു രസകരമായിരുന്ന കാര്യം അവസാദികൾ മദീനക്കാരായ ആളുകൾ അവരോട് മുഹമ്മദ് നബി സ്വല്ലാസ്സാലും നിയോഗിക്കപ്പെടുന്നതിന് മുൻപ് ഭീഷണിപ്പെടുത്തിയിരുന്ന ആളുകളാണ് യഹൂദർ ഞങ്ങൾക്കൊരു നബി വരാനുണ്ട് വന്നു കഴിഞ്ഞാൽ നിന്റെയൊക്കെ കഥ ഞങ്ങൾ തീർത്തുതരാം എന്ന് പറഞ്ഞിരുന്നവരാണ് യഹൂദർ എന്നാൽ റസൂൽ വന്നപ്പോൾ അവർ സ്വീകരിച്ചില്ല അവർ അംഗീകരിച്ചില്ല സഹാബികളിൽ പലരും യഹൂദരോട് പലപ്പോഴായി ഇസ്ലാം സ്വീകരിക്കാനും പണ്ടത്തെ ചരിത്രം ഓർമ്മപ്പെടുത്താനും പുനിയാറുണ്ടായിരുന്നു അവർ സ്വീകരിക്കില്ല അതിനെ കുറിച്ചാണ് അള്ളാഹു സുഹാൻ പറഞ്ഞത് അവർക്ക് അവരുടെ കൈകളിലുള്ള സൗറാത്തിനെ സത്യപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം അവരിലേക്ക് വന്നപ്പോൾ അവരാകട്ടെ മുൻപ് കാലങ്ങളിൽ മുന്നിൽ ഇതാ ഞങ്ങൾ നാളെ നിങ്ങൾക്കുമേൽ വിജയം വരിക്കും എന്ന് പ്രവചിച്ചിരുന്ന ആളുകളാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ അവരുടെ കയ്യിലുള്ള സൗറാത്തിനെ സത്യപ്പെടുത്തുന്ന വേദഗ്രന്ഥം അവർക്ക് വന്നു കിട്ടിയപ്പോൾ فَلَمَّا جَاءَهُم مَّا عَرَفُوا بِهِ فَلَمَّا فلم جَاءَهُم مَّا عَرَفُوا كَفَرُوا بِهِ اوर्क അറിയാവുന്ന കാര്യം ആ സത്യം ഓർക്ക് വന്നത്തിയപ്പോൾ അവർ അതിനെ നിഷേധിച്ചു തള്ളി ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ അപ്പോൾ അല്ലാഹുവിന്റെ ശാപം അവരുടെമേൽ ഉണ്ടാകട്ടെ നോക്കൂ നിങ്ങൾ അപ്പോൾ അവർ യഹൂദർ നിഷേധിച്ചു തള്ളിയതിന്റെ ചരിത്രം അൽഗുദഗരമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സത്യത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന കാരണങ്ങളിൽ വളരെ മോശമായ കാരണങ്ങളിൽ ഒന്ന് ഈ പറഞ്ഞ അസൂയയാണ് എത്രയെത്ര ആളുകളാണ് അതുകൊണ്ട് സത്യത്തിൽ തെറ്റിപ്പോയിട്ടുള്ളത് ചില ആളുകൾ അവന്റെ മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സ് അൻപത് വയസ്സ് അറുപത് വയസ്സ് വരെ അവൻ സത്യത്തിനുവേണ്ടി വാദിച്ചുകൊണ്ടേയിരിക്കും സത്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അതിലേക്ക് തന്നെ ജനങ്ങളെ ക്ഷണിക്കും അതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കും അങ്ങനെ അവൻ അറുപത് വയസ്സായ അവൻ നേതാവാണ് അപ്പോൾ അവന്റെ അനുയായികളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ അവന്റെ തെറ്റി ചൂണ്ടിക്കാണിച്ചു കൊടുക്കും അപ്പോൾ അവൻ അസൂയ വരും യഹൂദന്റെ പ്രശ്നം ഉണ്ടാകും എന്താണ് അവൻ സത്യം ഏതാണെന്ന് അവൻ അറിയാം പക്ഷെ ആ സത്യം വന്നത് എന്റെ നാവിലൂടെയല്ല വേറൊരു തന്റെ അതുകൊണ്ട് ഞങ്ങളത് സ്വീകരിക്കില്ല യഹൂദന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അള്ളാഹു സ്വഭാവം പെട്ടാണ് തന്നെ അതിൽ നിന്ന് അപ്പോൾ യഹൂദർ അവർ നടി സാഹു അലൈഹി വസല്ലമിയോട് കടുത്ത ശത്രുത കാണിച്ചുകൊണ്ടിരുന്നു അതോടൊപ്പം യഹൂദരോടൊപ്പം അന്നുണ്ടായിരുന്ന മുഷ്രിഖുകൾ മനസ്സിൽ ഷിർക്കും കുഫ്രും ഒളിപ്പിച്ചു വെച്ചിരുന്ന പുറമേക്ക് ഇസ്ലാം നടി മുനാസുക്കുകളും കൂടിച്ചേർന്നു ചില ആളുകളാകട്ടെ അവർ മുഷ്രിക്കുകൾ തന്നെ നിലകൊണ്ടിരുന്ന ആളുകളാണ് അവരും റസൂൽഹി സല്ലാഹലി വസല്ലമക്കെതിരെ യഹൂദന്മാരോടൊപ്പം കൂടിച്ചേർന്നു പല നിലക്കുള്ള ആക്രമണങ്ങൾ യഹൂദര അഴിച്ചുവിട്ടുകൊണ്ടിരുന്നു അതിലൊന്ന് അവർ റസൂൽഹു അലൈഹി വസ്ല്ലെ പരിഹസിക്കുമായിരുന്നു ഒരിക്കൽ നബല്സലാം അവരോട് എന്തോ ഒരു കാര്യം ചോദിച്ചു അവർ അറിയാവുന്ന സത്യത്തിന് വിരുദ്ധമായി നബിയോട് കാര്യം പറഞ്ഞു കൊടുത്തു റസൂൾ എന്തോ ഒരു കാര്യം ചോദിച്ചപ്പോൾ അതിന് ഓപ്പോസിറ്റ് അവർ പറഞ്ഞുകൊടുത്തു എന്നിട്ട് അവർ പരസ്പരം നിന്ന് ചിരിക്കാൻ തുടങ്ങി ആ വിഷയത്തിൽ അള്ളാഹു ഖുർആാനിൽ ആയസ് അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഒരിക്കൽ അബൂബർഹുവിനോട് യഹൂദറിൽപ്പെട്ടെഹനാസ് എന്ന വ്യക്തി അയാൾ അവരിലെ വലിയ പുരോഹിതനാണ് ഷെഹനാസ് മദീനയിലെ യഹൂദറിലെ പണ്ഡിത പുരോഹിതന്മാരിൽ നേതാവായിരുന്നു അയാൾ ഒരിക്കൽ അബൂബക്രനെ അള്ളാഹു അൻഹുവിനോട് പറഞ്ഞു അബൂബക്ര നിങ്ങളീ പറയുന്ന ദീൻ അത് ഞങ്ങൾക്കറിയുന്ന ദീനല്ല നിങ്ങളുടെ ഖുറാനിലുള്ളത് അള്ളാഹു പറയുന്നത് എന്താണ് ആരുണ്ട് അള്ളാഹുവിന് കടം കൊടുക്കാൻ എന്താണ് അള്ളാഹു അത് അവന് ഇരട്ടിയായി നൽകും എന്റെ ഇവിടെ കടമെന്ന് പറഞ്ഞാൽ അള്ളാഹു പണം കൊടുക്കലാണോ അല്ല ദരിദ്രരായ ആളുകൾക്ക് സ്വതക്കം നൽകലാണ് അള്ളാഹു നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് ദരിദ്രരായ ആവശ്യക്കാരായ ജനങ്ങളെ സഹായിക്കലാൻ അതിനെ കുറിച്ച് യഹൂദരായ അവരിൽപ്പെട്ട ഫെഹനാസ് ഒരിക്കൽ അബൂബക്കറിനോട് പറഞ്ഞു കണ്ടില്ലേ നിങ്ങളുടെ റബ്ബ് ആയ അള്ളാഹു അവന്റെ കയ്യിൽ തന്നെ പണമില്ല അവൻ ദരിദ്രനാണ് ഞങ്ങളുടെ പൈസയാണ് ചോദിക്കുന്നത് ഞങ്ങളോടാണ് കടം ചോദിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ അള്ളാഹു ഫതീറാണ് ദരിദ്രനാണ് ഞങ്ങളാണ് അവനെക്കാൾ പൈസ അല്ല അതിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുഹാന ആയസ് അവതരിപ്പിച്ചു ഇത് കേട്ടപ്പോൾ അബൂബക്കറി അഹു അവന് നല്ല ഒരു അടി വെച്ചു കൊടുത്തു അത് കേട്ട ഉടനെ അതോടുകൂടി ഫെഹനാസ് നേരനെ വീട് അടുക്കലേക്ക് ഓടിപ്പോയി പറഞ്ഞു അബൂബക്കർ എന്നെ തല്ലിരിക്കുന്നു അബൂബക്കർ അള്ളാഹു പറഞ്ഞു ഇവൻ ഇങ്ങനെ ഇങ്ങനെങ്ങനെയൊക്കെ പറഞ്ഞു അള്ളാഹുവിനെ പറ്റി ഇങ്ങനെങ്ങനെയൊക്കെ പറഞ്ഞു അവൻ പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അള്ളാഹു ഖുർആാനിൽ ആയത് അവതരിപ്പിച്ചു അള്ളാഹു ാണ് ഞങ്ങൾ എന്ന് പറഞ്ഞവരുടെ വാക്ക് അള്ള കേട്ടിരിക്കുന്നു അള്ളാഹു കേട്ടിരിക്കുന്നു അവർ പറഞ്ഞത് നാമിതും ഇത് മാത്രമൊന്നുമല്ല അവർ ചെയ്തിട്ടുള്ളത് ബിമാര അവർ കൊലപ്പെടുത്തിയത് നാം രേഖപ്പെടുത്തി വെക്കും കത്തിജലിക്കുന്ന ശിക്ഷ അനുഭവിച്ചുകൊള്ളുക എന്ന് നാം അവരോട് നാണ പരലോകത്ത് പറയുകയും ചെയ്യും ജൂതന്മാർ കാണിച്ചു വച്ച അന്നത്തെ തന്ത്രങ്ങളിൽപ്പെട്ട ഇന്നും അവർ നടപ്പിലാക്കുന്ന തന്ത്രങ്ങളിൽ ഒന്നാണ് ശുദ്ധ ഖുർആാനിൽ തന്നെ പരാമർശിക്കപ്പെട്ട സംഭവം ജൂതന്മാർ ഒരിക്കൽ ഒരുമിച്ചുകൂടി അവർ പറഞ്ഞ അറമ്പികൾ ഒരു വിവരമില്ലാത്ത ആളുകളാണ് വിഡികളാണ് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം രാവിലെ നബിയുടെ മുഹമ്മദിന്റെ സദസ്സിൽ പോകാം ഞങ്ങളൊക്കെ മുസ്ലിം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ പോയിരിക്കാം അങ്ങനെ അവിടെ ഇരുന്ന് വൈകുന്നേരം വരെ മുഹമ്മദ് പറയുന്നത് കേട്ടിരുന്നതിന് ശേഷം ഈ പറഞ്ഞതൊന്നത്ര പോരല്ലോ എന്ന് പറഞ്ഞ് മുഹമ്മദ് പറയുന്നത് ശരിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് തിരിച്ചു പോരാം അങ്ങനെ നമുക്ക് വീണ്ടും കാസറാകാം വീണ്ടും യഹൂദമതത്തിലേക്ക് തന്നെ മടങ്ങാം ഇത് കാണുമ്പോൾ അറബികളായ പറയുന്നില്ല എന്താ സത്യം തോന്നും രാവിലെ മുസ്ലിം അയാൾക്ക് എത്ര എന്ന് മുസ്ലിംങ്ങളെ നമുക്ക് സംശയത്തിലാക്കാം എന്ന ഈ ഫിഫന ഉണ്ടാക്കിയ ആളുകൾ ജൂതന്മാരാണ് പണ്ട് മുതലേ ഇസ്ലാമിൽ നിന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സംശയങ്ങളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉണ്ടാക്കുന്നതിന് മുൻപന്തിയിലാണ് ജൂതന്മാർ അതിലൊന്നാണിത് പണ്ട് കാലം മുതലുള്ളത് ഇപ്പോഴുള്ളത് അങ്ങനെ അള്ളാഹു സുബാനഹുല അതിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു اية تعود لريتشد الله وبرنم يا اهل الكتاب لما تلبسون الحق بالباطل الا يبيد ذكر ايهذنا ان انڠل ستيوم استيوم كوتي كوركند اندينا انڠل ستي تيوم استي تيوم كوتي كوركند وتكتمون الحق وانتم تعلمون ستيوم نڠل اندينا مودي وكند نڠل كد ارين نڠل كد ارين اورائيكه وقال طائفه من اهل الكتاب امنوا بالذي انزل على الذين امنوا وجه النهار വഖഫു ലാൽഹുറു അഹലുൽ കിതാബിൽ വേദക്കാരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവർ പറയുന്നു നിങ്ങളിതാ രാവിലെ പോയി മുഹമ്മദിൽ വിശ്വസിക്കുക രാത്രി അവൻ പറയുന്നതിൽ അവിശ്വസിക്കുക അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവൻ്റെ ഒപ്പം കൂടിയിട്ടുള്ള ആളുകൾ അവരോടൊപ്പം നമ്മളോടൊപ്പം തിരിച്ചു വരും ഇത് അവരുണ്ടാക്കിയ ഫിത്തനകളിലൊന്നായിരുന്നു രാവിലെ പോവുക മുൻപിനെ മുസ്ലിമാവുക രാത്രിയാവുമ്പോൾ കാഫറായി തിരിച്ചു വരാ അവരുള്ളിൽ വിശ്വസിച്ചിട്ടേ ഇല്ല ഇങ്ങനെ മുസ്ലിംങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവരുണ്ടാക്കി അപ്പോൾ അള്ളാഹു സുബാനഹുവാല അവരുമായി സ്നേഹബന്ധം സ്ഥാപിക്കുന്നത് വിലക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ അവതരിപ്പിച്ചു അതിൻ്റെ സാഹചര്യം അതാണ് ജൂതന്മാർ അവർ വേദക്കാരാണ് എന്നതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് അവരോട് കുറച്ച് അടുപ്പുണ്ടായിരുന്നു ജൂതന്മാരാകട്ടെ അവരെങ്ങനെങ്കിലും ഇസ്ലാമെന്ന് പുറത്താക്കണമെന്ന ചിന്തയിൽ മാത്രം നടക്കുക മുസ്ലിമീങ്ങളോടും റസൂളുള്ളയോടും അവർക്കടുത്ത ഉപദ്രവങ്ങൾ ചെയ്യുന്നു പുറമേക്ക് വ്യക്തമല്ലാത്ത രൂപത്തിൽ സാധ്യമാവുന്ന രൂപത്തിലൊക്കെ എങ്ങനെയെങ്കിലും മുസ്ലിം അവരുടെ ദീനിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ അള്ളാഹു പറഞ്ഞു അല്ലയോ നിങ്ങളുടെ ദീനിനെ കളി കളിയും പരിഹാസവുമാക്കുന്ന ആളുകൾ നിങ്ങളുടെ ദീനിനെ പരിഹസിക്കുന്ന ആളുകൾ നിങ്ങളുടെ ദീനിനെ കളിയാക്കുന്ന ആളുകൾ അതിനെ ഒരു തമാശയാക്കി എടുത്തിട്ടുള്ള ആളുകൾ വേദക്കാരിൽപ്പെട്ട മുഷരിക്കുകളിൽപ്പെട്ട അത്തരക്കാരുമായി നിങ്ങൾക്ക് ഉറ്റബന്ധമുണ്ടാകരുത് നിങ്ങൾ അവരെ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളാക്കരുത് അടുത്ത കൂട്ടുകാരാക്കരുത് എന്നിട്ടാഹു സുഹാനഹു ആള് പറഞ്ഞു മിനി നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കുക നിങ്ങൾ മൊമ്മിനീകളാണെങ്കിൽ അങ്ങനെ വിശുദ്ധ ഖുർആാനിൽ ഈ വിഷയത്തിൽ അനേകമായ അവതരിച്ചു മുസ്ലിമീങ്ങളിൽ ചിലർക്ക് അവരോട് മനസ്സിൽ കുറച്ച് ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു ജൂതന്മാരായ ആളുകളോട് ചിലപ്പോൾ യഹൂദന്മാരോടൊപ്പം വർത്തമാനം പറഞ്ഞിരിക്കവേ മുസ്ലിമീങ്ങളിൽ പെട്ട ചില ആളുകൾ അവർക്കിടയിൽ നടക്കുന്ന സംഭവങ്ങൾ പറയും ചില രഹസ്യങ്ങൾ പറയും മുസ്ലിമീങ്ങളിൽ ചില ആളുകളുടെ റീബത്ത് പറയും ആരോട് ജൂതനോട് പോയി പറയും ഇവനാണെങ്കിലും അത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കാം അങ്ങനെ ജൂതന്മാർ ഈ സ്നേഹം പ്രകടിപ്പിച്ച് ഇങ്ങനെ അവരുടെ മുന്നിൽ വന്ന് നിൽക്കുക അപ്പൊ ഇവര് മുസ്ലിമീങ്ങളിലെ രഹസ്യങ്ങൾ അത് അവർക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെയാണ് അള്ളാഹുഹു വിശുദ്ധ ഖുർആാനിൽ ആയത് അവതരിപ്പിച്ചത് അല്ലയോ മുഗ്മിനീങ്ങളെ നിങ്ങളൊരിക്കലും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരെ അല്ലാതെ നിങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരായി സ്വീകരിക്കരുത് നിങ്ങൾ രഹസ്യം പറയുന്ന കൂട്ടുകാരായി മുസ്ലിമീങ്ങളിൽ പെട്ടവരെ അല്ലാതെ നിങ്ങൾ സ്വീകരിക്കരുത് പുറത്തുള്ള ആൾക്കാരെ സ്വീകരിക്കരുത് ജൂതന്മാർ അല്ലെങ്കിൽ നസറാലികൾ അല്ലെങ്കിൽ മുഷരിക്കുകൾ അവരെ നിങ്ങൾ നിങ്ങളുടെ രഹസ്യങ്ങൾ പറയുന്ന കൂട്ടുകാളികളായി വെക്കരുത് നിന്റെ എല്ലാ രഹസ്യവും അവനറിയാം നിന്റെ അടുത്ത കാര്യങ്ങൾ അറിയാം മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ പറയുന്ന രൂപത്തിൽ അല്ലെങ്കിൽ നിന്റെ രഹസ്യങ്ങൾ നിന്റെ ഏറ്റവും അടുത്ത ബന്ധുവായി നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി അവൻ മാറരുത് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് മാറരുത് അവരുമായി ആ ബന്ധം നീ വെച്ചുപുലർത്താൻ പാടില്ല ലാ യഅലൂനകും ഖബാലാ നിങ്ങൾക്ക് ഒരു പ്രയയംണ്ടാകുന്നതവർക്ക് ഒരു കുറവുമേ ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതവർക്ക് യാതൊരു പ്രയയവും ഉണ്ടാക്കുകയില്ല വദ്ദുമാനിതും അവരുടെ മനസ്സിലുള്ള ആഗ്രഹം നിങ്ങൾ പ്രയയപ്പെടണമെന്നാണ് അല്ലാഹു ഖുർആനിൽ ഏറ്റവും എറി പറഞ്ഞു കാരയാണ് അള്ളാഹു പുറാനിൽ അവരുടെ ഹൃദയത്തിനുള്ളിൽ ഉള്ളത് നമുക്ക് അറിയിച്ച കാര്യമാണ് അവർക്ക് നിങ്ങൾ പ്രയാസപ്പെടുന്നതാണ് ഇഷ്ടം നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നവർക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്നത് ഒരു കുഴപ്പമുണ്ടാക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് സന്തോഷമാണ് അള്ളാഹു പറയുന്നു അക്ബർ അവരുടെ നാവിൽ നിന്ന് പുറത്തു വാക്കുകൾ അതിൽ നിന്ന് തന്നെ അവരുടെ ശത്രുത പ്രകടമായിരിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയങ്ങളിൽ അവർ ഒളിപ്പിച്ചു വെക്കുന്നത് അതാണ് കൂടുതൽ അപകടകരമായിട്ടുള്ളത് അല്ല ഇടയ്ക്കിടക്ക് രാഷ്ട്രീയക്കാരും അവർ ഇടക്ക് അവരുടെ ഉള്ളിലിരിപ്പുകൾ പുറത്തു വരും ഇടക്ക് അവരുടെ ഉള്ളിലിരിപ്പ് അറിയാതെ നാവുന്നു പുറത്തു വരും എത്ര ഇത് സംഭവിക്കുന്നുണ്ട് എന്നാലും ആളുകൾ ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കുകയില്ല അതേപോലെ സാംസ്കാരിക നായകന്മാരെ പറയുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഈ പറഞ്ഞിട്ട് എത്രയോ തവണ പുറത്തേക്ക് വന്നിട്ടുണ്ട് റസൂളിനെ അവർ പരിഹസിക്കുന്നത് അവിടുത്തെ സുന്നത്തിനെ പരിഹസിക്കുന്നത് ദീനിനെ പരിഹസിക്കുന്നത് മുസ്ലിങ്ങളെ പരിഹസിക്കുന്നത് ഖുറാനെ പരിഹസിക്കുന്നു ഇസ്ലാമിനെ പരിഹസിക്കുന്നത് എത്രയോ തവണ വന്നിട്ടുണ്ട് അള്ളാഹു പറയാം അവരുടെ നാവിൽ നിന്ന് പുറത്തു വന്നത് തന്നെ അതിൽ തന്നെ നിങ്ങളോടുള്ള ശത്രുത പ്രകടമാണ് എന്നാൽ അവരുടെ ഹൃദയത്തിൽ അവർ ഒളിപ്പിച്ചു വെക്കുന്നത് അതാണ് കൂടുതൽ അപകടായിട്ടുള്ളത്. ഇത് അള്ള പറഞ്ഞു മാർക്കൻ സുബ്ഹാനഹു വതആല. എന്നിട്ട് നബി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു ഖദ് ബയ്യനാ ലക്കും ലായതിൻ കുൻതു തഅഖിലൂൻ നിങ്ങൾ ബുദ്ധി കൊടുത്തി ചിന്തിക്കുന്നവരാണെങ്കിൽ ഞാൻ ഇതാ നിങ്ങൾക്ക് വിശദീകരിച്ച തന്നിരിക്കുന്നു. ഹഅൻതും ഉലാഇതു ഹിബ്ബൂനഹും വലാ യുഹിബ്ബൂനകും അല്ലയുകുതരെ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു. ഹഅൻതും ഉലാഇതു ഹിബ്ബൂനഹും നിങ്ങൾ അവരോട് ഇഷ്ടം കാണിക്കുന്നു. ക്കും അവർക്ക് നിങ്ങളോടൊരു ഇഷ്ടവുമില്ല അവർക്ക് നിങ്ങളോട് യാതൊരു സ്നേഹവുമില്ലേ നിങ്ങൾ എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നു ചവറാത്തിൽ വിശ്വസിക്കുന്നു ഇഞ്ചീലിൽ വിശ്വസിക്കുന്നു ജബോറിൽ വിശ്വസിക്കുന്നു അള്ളാഹു അവതരിപ്പിച്ച എല്ലാ വേദഗ്രന്ഥങ്ങളിലും നിങ്ങൾ വിശ്വസിക്കുന്നു മൂസനബിയാണെന്ന് പറയുന്നു റീസനബിയാണെന്ന് പറയുന്നു അവരെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എന്നാലോ അവരോ അവർ ചെയ്യുന്നത് അവർ നിങ്ങളുടെ കിതാബിൽ വിശ്വസിക്കുന്നില്ല അവർ ഖുർആാനിൽ വിശ്വസിക്കുന്നില്ല അവർ നിങ്ങളുടെ നബിയിൽ വിശ്വസിക്കുന്നില്ല അല്ലേ എന്ന് പിന്നെ മത സംയമനം മതസങ്കലനം വേണമെന്ന് പറയുന്ന ആളുകൾ മത സൗഹാർദ്ദത്തിന്റെ വാതിലുകൾ തുറക്കണമെന്ന് പറയുന്ന ആളുകൾ അവർ ചിന്തിക്കേണ്ട കാര്യമാണിത് അള്ളാഹു പറഞ്ഞ ചോദ്യങ്ങളിലൊന്നാണ് നിങ്ങൾക്ക് എന്ത് ഉത്തരം പറയാനുണ്ട് ഞങ്ങൾ നിങ്ങളുടെ സൗറാദിൽ വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾ ഇഞ്ചീലിൽ വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾ ഐസയെ ബഹുമാനിക്കുന്നുണ്ട് ഞങ്ങൾ മൂസയെ ബഹുമാനിക്കുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വന്ന എല്ലാ നബിമാരെയും ബഹുമാനിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ നബിയെ പറയുന്നത് എന്താണ് ആ നബി കള്ള ഞങ്ങളുടെ ഖുർആനിനെ പറയുന്നത് എന്താണ് അത് അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമല്ല മുഹമ്മദ് പറച്ചുണ്ടാക്കിയ കള്ള എന്താണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ ആരാണ് നീതി കാണിക്കുന്നത് ആരാണ് നീതിയുടെ പക്ഷത്തുള്ളത് അള്ളാഹു പറയുന്നു നിങ്ങളുടെ മുന്നിലെത്തിയാൽ അവർ പറയും ഞങ്ങളും വിശ്വസിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾ തിരിഞ്ഞുപോയി കഴിഞ്ഞാൽ അവർ അവരുടെ ദേഷ്യം കാരണത്താൽ അവരുടെ വിരലുകൾ കടിക്കുന്ന അവസ്ഥയിലാണ് അള്ളാഹു പറയുന്നു നിങ്ങൾ പോയി നിങ്ങൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ പോയി ചത്തുകൊള്ളുക നിങ്ങൾക്ക് അത്ര ദേഷ്യമുണ്ടെങ്കിൽ പോയി ചത്തുകൊള്ളുക ി മുൻപിതാക്ക സുദൂർ അള്ളാഹു ഹൃദയങ്ങൾക്കുള്ളിലുള്ളത് അറിയുന്നവനാകുന്നു അതുകൊണ്ട് മുസ്ലിംങ്ങളെ ഇസ്ലാമിനെ സ്നേഹിക്കണം ദീനിനെ ദീനാകണം ഏറ്റവും വലുത് അള്ളാഹുവിന്റെ ദീനാണ് ഏറ്റവും വലുത് അതിനോട് എതിരാകുന്ന ഒന്നും തന്നെ ആളുകൾ ഇന്ന് പറയാറില്ലേ ഈ മതം തന്നെ മതം അതെ നമുക്ക് ഏറ്റവും വലുത് മതാണ് ഒരു നാണോ നമുക്ക് അത് അരസിലില്ല നമുക്ക് ഏറ്റവും വലുത് ദീനാണ് ഇസ്ലാം ആണ് റസൂലാണ് സല്ല അലൈഹി വസ്ല്ലാം ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് ദീനാണ് അല്ലെ ഞങ്ങൾക്ക് ഏറ്റവും വലുത് ഇന്നലെ ജയിച്ച ഫുട്ബോൾ ടീം അല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും വലുത് നിങ്ങൾ ഉണ്ടാക്കിയ പാർട്ടികളല്ല ദിവസദിവസം പിളരുകയും പിന്നെയും ഐക്യത്തിലാവും പിന്നെ ലയന പിന്നെയും വളരുകയും ചെയ്യുന്ന പാർട്ടികളല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും വലുത് ക്രിക്കറ്റ് ടീമുകളല്ല ഞങ്ങൾക്ക് ഏറ്റവും വലുത് പണം തിന്നുന്ന സിനിമാ നടന്മാരല്ല ഞങ്ങൾക്ക് ഏറ്റവും വലുത് ദീനാണ് ഞങ്ങളുടെ സ്വഭാവം അത് നന്നാക്കുന്നുണ്ട് ഞങ്ങളുടെ വിശ്വാസം അത് നന്നാക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് നന്നാക്കുന്നുണ്ട് ഞങ്ങളോട് നീതി കൽപ്പിക്കാൻ അത് പ്രഖ്യാപിക്കുന്നുണ്ട് ഞങ്ങളോട് നന്മ പറയാൻ അത് പ്രഖ്യാപിക്കുന്നുണ്ട് സത്യസന്ധന്മാരാകാനും ഏറ്റവും നല്ല സ്വഭാവങ്ങൾ സ്വീകരിക്കാനും അത് ഞങ്ങളോട് കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും വലുത് ദീനാണ് നിങ്ങൾ വലുതായി കാണുന്നത് നിങ്ങൾ പരസ്പരം പോരാടുന്നത് എന്തിന്റെ പേരിലാണ് നിങ്ങൾ പരസ്പരം പോരടിക്കുന്നത് എന്തിന്റെ പേരിലാണ് എന്താണ് നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം ചില ആളുകൾ സിനിമ നടന്മാരുടെ പേര് ചില ആളുകൾ സിനിമ സിനിമയുടെ പേര് ഫുട്ബോൾ ടീമിന്റെ പേര് ചാനലിന്റെ പേര് പാർട്ടിയുടെ പേര് ഒരർത്ഥവുമില്ലാത്ത കാര്യങ്ങളുടെ പേരിൽ അങ്ങോട്ടും കൂട്ടടി ഞങ്ങൾക്ക് അതിന് നേരല്ല അതല്ല ഞങ്ങളുടെ വിഷയം ഞങ്ങൾക്ക് ഏറ്റവും വലുത് ഞങ്ങളെ നന്നാക്കുന്ന ഞങ്ങളുടെ ദീനാണ് അത് പറയുന്നതിൽ എന്താണ് മടി അത് പുറത്തു പറയുന്നതിൽ എന്താണ് മുസ്ലിം എന്നിത്ര മടി ഒരു മതഭ്രാന്തനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരിച്ചു പറയുന്നത് നീ രാഷ്ട്രീയ ഭ്രാന്തനാണ് നീ ഫുട്ബോൾ ഭ്രാന്തനാണ് അത് ഒരു അർത്ഥമല്ലാത്ത ബ്രാന്താണ് നിന്റെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ ജീവിതത്തിലോ ഒരു മാറ്റം ഉണ്ടാക്കാത്ത കാര്യമാണത് നിന്റെ പൈസ ആണ് അവർ ഈ പൊട്ടത്തരം കാണിക്കുന്ന നീയാണോ ഞങ്ങളുടെ മതഭ്രാന്റ് എന്ന് പറയുന്നത് ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഞങ്ങളുടെ ദീൻ നിലനിർത്തുന്നുണ്ട് ഞങ്ങളുടെ സ്വഭാവം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഞങ്ങളുടെ വിശ്വാസം മാറ്റുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ ഞങ്ങൾക്ക് വിശ്വസ്തതയുണ്ട് നീതി കാണിക്കുന്നുണ്ട് അള്ളാഹു ചോദിക്കുമെന്ന ബോധ്യമുണ്ട് എന്നാൽ ഈ പറഞ്ഞ എന്ത് മൂല്യങ്ങളാണ് ഈ മീ ഭ്രാന്ത് കാണിക്കുന്ന കാര്യങ്ങൾ നിനക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ആളുകൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ചിന്തകൾ മതഭ്രാന്ത് ഇന്നും ആളുകൾക്ക് മതഭ്രാന്താണ് അതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീൻ അത് ഭ്രാന്താണ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ല കാരണം ഇസ്ലാം ഭ്രാന്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ എല്ലാമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീൻ ഏറ്റവും വലുതാണ് ഞങ്ങളുടെ രക്തം അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ മാംസം അതിനു വേണ്ടിയാണ് ഞങ്ങളുടെ ശരീരം അതിനുവേണ്ടിയാൻ ഞങ്ങളുടെ ജീവിതം അതിനുവേണ്ടിയാണ് ഇൻഷാ അള്ളാഹ് അതിന്റെ മാർഗത്തിൽ തന്നെയാണ് ഞങ്ങൾ മരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ അതിന്റെ പേരിൽ നീ ലജ്ജിക്കേണ്ടതില്ല നിന്റെ ദീനിന്റെ പേരെ ഒരിക്കൽ റസൂൽ അള്ളഹസ്വല്ലാഹ് അലൈസ് അവിടുന്ന് സഹാബികളിൽപ്പെട്ട ഒരാളെ സന്ദർശിക്കാൻ പോകുന്നു വഴിയിൽ റസൂല അവിടുത്തെ മൃഗത്തിന് മുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ കഴുതപ്പുറത്താണ് ഇത് യാത്ര ചെയ്യുന്നത് അവിടുന്ന് വിനയമുള്ളവരായിരുന്നു മുഷ്രിക്കുകൾ ഇരിക്കുന്നുണ്ട് യഹൂദന്മാർ ഇരിക്കുന്നുണ്ട് മുസ്ലിംകളുമുണ്ട് ആ കൂട്ടത്തിൽ മുനാഫിക്കായ കപടവിശ്വാസം അന്നവൻ മുസ്ലിം ആയിട്ടില്ല അബ്ദുല്ലാഹിൻ സലൂലും ഉണ്ട് അന്നവന് മുസ്ലിം ആയിട്ടില്ല അബ്ദുല്ലാ ഹബിൻബ് സലൂൽ ഭദ്ര യുദ്ധത്തിന് ശേഷമാണ് മുസ്ലിമാകുന്നത് അവനും അവിടെ ഇരിക്കുന്നുണ്ട് റസൂൾ റസൂൽഹുഅലി വസ്സലാം അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അവിടുന്ന് പറയും അസ്സലാമിക്കും അസ്സലാമലൈക്കും അവിടെ മുഷരിക്കുകൾ ഉണ്ട് യഹൂദന്മാരുണ്ട് പക്ഷെ മുസ്ലിം അക്കൂട്ടത്തിലുണ്ട് റസൂൾ ഒരു മടിയുമില്ല അവിടെ അസ്സലാം ആളിക്കും ഇന്ന് നൂറ് മുസ്ലിമീങ്ങൾ ഉണ്ടാവുകയും അക്കൂട്ടത്തിൽ ഒരു ഓഡിറ്റോറിയത്തിൽ പരിപാടി വെച്ചിട്ട് വാതിൻ്റെ അവിടെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിം അല്ലാത്തവരാണ് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് സലാം പറയാൻ മതിയാണ് എല്ലാം മുസ്ലിം അപ്പുറത്ത് വാതിന്റെ അവിടെ ഏതെങ്കിലും ഒരുത്തേനെ സെക്യൂരിറ്റിയായി നിർത്തിയിട്ടുണ്ടാവും അവ മുസ്ലിം അല്ലെങ്കിൽ ഇവിടെ അസ്സലാന്ന് അറിയില്ല എന്താണ് നമ്മൾ നമ്മുടെ ദീനിൽ ലജ്ജ കാണിക്കുന്നത് ഇത് മുനാസക്കുകളുടെ സ്വഭാവമായിരുന്നു അള്ളാഹുനുമാൻ്റെ റസൂൽ ദീനിനുമാണ് എജ്ജത്തുള്ളത് പ്രതാപമുള്ളത് നമ്മുടെ ദീൻ നമ്മൾ ഏറ്റവും മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് വിജയം നൽകാതിരിക്കുകയില്ല റസൂൽ അള്ളാഹി അലൈഹി വസ്ല്ലമ്മയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന സഹാബികളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ മുൻപ് വായിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നബിസാഹു അലി വസല്ലം അവിടുന്ന് യഹൂദരോട് സ്വീകരിച്ച സമീപനവിലായിരുന്നു വിശുദ്ധ ഖുർആാൻ മുസ്ലിമിയങ്ങളോട് ഈ കാര്യം ശക്തമായി താക്കീത് ചെയ്തു അവരുമായി അടുത്ത ബന്ധമുണ്ടാക്കുന്നത് അവരുമായി കൂട്ടുകൂടുന്നത് അത് അള്ളാഹു സുഭാനുഹൂത്താൽ വിലക്കി എന്തുകൊണ്ട് എന്തുകൊണ്ട് വിലക്കി എന്താണതിന് കാരണം അവരിലുള്ള ശിർക്ക് നിന്നിലേക്ക് വരാൻ പാടില്ല അവരിലുള്ള ബഹുദൈവ വിശ്വാസം നിന്നിലേക്ക് കയറാൻ പാടില്ല അവരിലുള്ള തിന്മകൾ നിന്നിലേക്ക് കയറാൻ പാടില്ല അവരിൽ പലർക്കും വ്യചാരം അനുവദനീയമാണ് നിനക്ക് വിചാരം അനുവദനീയമല്ല അവരിൽ പലർക്കും മദ്യം അനുവദനീയമാണ് നിനക്ക് അവരൊപ്പം ഇരിക്കാൻ പറ്റില്ല കാരണം നിന്നിലേക്ക് മദ്യമെന്ന ഏറ്റവും വൃത്തി കേട് വരാൻ സാധ്യത അവരിൽ പലർക്കും പലിശ അനുവദനീയമാണ് ജനങ്ങളുടെ സമ്പത്ത് കൊളയടിക്കുന്ന പലിശ അവർക്ക് അനുവദനീയമാണ് നിനക്കത് അനുവദനീയമല്ല നീയോടൊപ്പം ഇരിക്കാൻ പാടില്ല അവരോടൊപ്പം കൂട്ടുകൂടാൻ പാടില്ല കാരണം നിന്നിലേക്ക് അത് കയറി വരാൻ സാധ്യതയുണ്ട് ഇസ്ലാം എല്ലാ നന്മകളും കൽപ്പിച്ചിട്ടുണ്ട് അതിൽ പല നന്മകളും അവരുടെ അടുക്കലില്ല നിനക്ക് ആ നന്മകൾ നഷ്ടപ്പെട്ടു പോകരുത് നിന്റെ കൂട്ടുകാരൻ മുസ്ലിമീങ്ങളിൽ തന്നെ കൂട്ടുകാരനെ സ്വീകരിക്കും ഏറ്റവും നല്ല കൂട്ടുകാരനെ സ്വീകരിക്കണം റസൂള്ളി സ്വലം പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ദീനിലാണ് അവന്റെ വലങ്കൈ അവന്റെ ദീൻ അത് എപ്പോഴും അവന്റെ വലങ്കൈ അവന്റെ കുറ്റം അടുത്ത കൂട്ടുകാരൻ അവന്റെ കുലത്തിലായിരിക്കും അവനോട് ഏറ്റവും അടുത്ത ആളുകാരാണോ അയാളുടെ ദീനിലായിരിക്കും ഏതൊരു മനുഷ്യനും ഉണ്ടായിരിക്കാം അവനാൻ യോജിച്ച ആൾക്കാരോടാണ് അവനാൻ കൂടുകയുള്ളൂ അല്ലെ അതുകൊണ്ടാണ് അറബിലിൽ കവിത വല്ലാത്ത അല്ല ഞാൻ ദീനിൽ നീ ഒരാളുടെ ദീനിനെ കുറിച്ച് ചോദിക്കേണ്ടതില്ല മറിച്ച് അയാളുടെ കൂട്ടുകാരൻ്റെ ദീനിനെ കുറിച്ച് ചോദിക്കുക അവനേത് ദീനിലാണോ അതേ ദീനിലായിരിക്കും അവനുണ്ടാവണം അവൻ്റെ സ്വഭാവം എന്താണോ അതന്നെ ആയിരിക്കും സ്വഭാവം മുസ്ലിംകളിൽ തന്നെ കൂട്ടുകാരെ സ്വീകരിക്കുമ്പോൾ നല്ല കൂട്ടുകാരെ സ്വീകരിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് അപ്പോൾ ഇസ്ലാമിന് പുറത്തുള്ളവരിൽ നിന്ന് കൂട്ടുകാരെ സ്വീകരിക്കുന്നതാണ് അത് നമ്മുടെ സംസ്കാരങ്ങളെയും നമ്മുടെ സ്വഭാവങ്ങളെയും നശിപ്പിക്കുമെന്നൊരു സംശയമില്ല ഇന്ന് കുട്ടികൾ കോളേജിൽ പോകുന്നു അവിടെ ഹോസ്റ്റലിൽ പഠിക്കുന്നു എത്രയോ യുവാക്കളിൽ ചിലർ പറഞ്ഞ കാര്യങ്ങളിലൊന്നാണിത് അപ്പോൾ എന്റെ ഫ്രണ്ട്സ് അവർ കള്ളുപടിക്കാനിരിക്കും ഞാൻ അവിടെ പോയിരിക്കും ഞാൻ കള്ളൊന്നും കുടിക്കില്ല ഞാൻ ഒപ്പമുള്ള കോഴി വരിച്ചതുണ്ടെങ്കിൽ അത് കഴിക്കും ഞാൻ അച്ചാറുണ്ടെങ്കിൽ അത് കൂട്ടും ഞാൻ കള്ളൊന്നും കുടിക്കില്ല അത് നിന്നെ ഹറാമിലേക്ക് എത്തിക്കും അത് പതുക്കെ പതുക്കെ നിന്നെ ആ ഹറാമിലേക്ക് കൊണ്ടുപോകും എത്രയെത്ര കുട്ടികളാണ് മയക്കുമരുന്നിലേക്ക് വൃത്തികേടുകളിലേക്ക് പോയിട്ടുള്ളത് അവർ സിനിമയ്ക്ക് പോവും ഞാനും സിനിമയ്ക്ക് പോകും എനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല അവർ ഗേൾ ഫ്രണ്ടിന്റെ ഒപ്പം പതുക്കെ പതുക്കെ നീയും അതിലേക്ക് എത്തും നീയും ആ ഹറാമുകളിലേക്ക് എത്തും തിരിച്ചു വരാൻ പറ്റാത്ത രൂപത്തിൽ അതുകൊണ്ട് സഹോദരൻ നിന്റെ കൂട്ടുകാരൻ വീണുള്ളവരാകട്ടെ ഭീമിനെ മുറുകെ പിടിക്കുന്നവനാകട്ടെ അള്ളാഹു സുബാനുഹു ചാളയുടെ കൽപ്പനകളിൽ പ്രധാനപ്പെട്ട കൽപ്പനകളിൽ ഒന്നാണത് ശരി യഹൂദന്മാരുമായി ബന്ധപ്പെട്ട ധാരാളം സംഭവങ്ങളുടെ എല്ലാം പറയാനൊന്നും സമയം ഉണ്ടാവില്ല അവരുടെ കുതന്ത്രങ്ങളിലൊന്ന് യഹൂദർ അവരുടെ കൂട്ടത്തിലുള്ള ദുർബലരായ ആളുകൾ അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ കടുത്ത ശിക്ഷ കൊടുക്കും എന്നാൽ അവരുടെ കൂട്ടത്തിലെ നേതാക്കന്മാരാരെങ്കിലും ശിക്ഷ ചെയ്താലോ തവറാത്ത എല്ലാം കൂടി അവർ തിരിച്ചു മറിച്ച് അതിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ച് അങ്ങനെ വ്യാഖ്യാനിച്ച് അവരെ നിയമം മാറ്റും നമ്മുടെ നാട്ടിലും കാലങ്ങളോളം ഈ സമ്പ്രദായം നിലനിന്നിരുന്നു അല്ലെ ഈഴവനും ഒരു ശിക്ഷയാണെങ്കിൽ നായർക്ക് വേറെ ശിക്ഷയാണ് നമ്പൂതിരിക്ക് വേറെ ശിക്ഷയാണ് മനുഷ്യർ ജനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അവർക്കിടയിൽ വേർതിരിവുകൾ ഉണ്ടാക്കുക അവരുടെ നിറത്തിന്റെ പേരിൽ മാത്രം വേർതിരിവ് ഉണ്ടാക്കുക പിന്നെ ഈഴവറിയിൽപ്പെട്ടവർത്തന ഒരു തെറ്റേഴ് അവന് ചിലപ്പോൾ അവന്റെ ചെവിന്റെ ഉള്ളിൽ ഉരുക്കിയ ഇരുമ്പ് ഒഴിച്ചു കളയും എന്നാൽ അതിനേക്കാൾ ഗുരുതരമായ തെറ്റ് വേറൊരുത്യം ചെയ്താലോ അവന് യാതൊരു പ്രശ്നവും അവന് യാതൊരു കുഴപ്പമുണ്ടാവില്ല ഇസ്ലാം ഈ പറഞ്ഞ നിയമം ഒരു കാലഘട്ടത്തിലും അംഗീകരിച്ചിട്ടില്ല അറസൂൽ അള്ളാഹില്ലാം നീതിയുടെ വാക്കുകളിൽ ഏറ്റവും മനോഹരമായ വാക്കാണ് അവിടെ നിന്ന് പറഞ്ഞത് മദീനക്കാർക്ക് മുന്നിൽ ഒരിക്കൽ പറഞ്ഞു എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിക്കുന്നതി എങ്കിൽ അവളുടെ കൈ ഞാൻ ഛേദിച്ച് കളയും അവൾക്കതിൽ യാതൊരു വേർതിരിവില്ല ഫാത്തിമയാണ് ചെയ്യുന്നത് എങ്കിൽ ഫാത്തിമയുടെ കൈ ഞാൻ ഛേദിച്ച് കളയും റസൂൽ അഹ്ലാമയുടെ വളർത്തുമകനായിരുന്ന ജയ്തു ബുഹാരി ഒരിക്കൽ അൻസാറുകൾക്കിടയിൽ ഒരു സ്ത്രീ വ്യഭിചരിച്ചപ്പോൾ അവളുടെ കാര്യത്തിൽ ശുപാർശ പറയുന്നതിനു വേണ്ടി ജയ്തു ഹാരിഫെ റസൂള പറഞ്ഞു അൻസാരികൾ റസൂള്ളയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു റസൂൾ ഉള്ളദിനോട് ദേഷ്യം പിടിച്ചു കടുത്ത ദേഷ്യം പിടിച്ചു നബിസൊല്ലം വാത്സല്യത്തോടുകൂടി വളർത്തി അവിടുത്തെ മുഹമ്മദ് എന്ന മക്കാരൊരു കാലത്ത് വിളിച്ചിരുന്നു മുഹമ്മദിന്റെ മകൻ ജയ്ദ് പിന്നീട് അവർ തിരുത്തി ആ സയ്ദിനെ റസൂൾ ദേഷ്യം പിടിച്ച് കോപം പിടിച്ച മുഖവുമായി തിരിച്ചു പറഞ്ഞയച്ചു റസൂൾ ഉള്ളയുടെ നീതി അദ്ദേഹം ദൂതന്മാരാകട്ടെ അവർക്ക് തോന്നുന്ന പോലെയാണ് നിയമം അവർ ഒരിക്കൽ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീ വ്യഭിചരിച്ചു റസൂൾ ഉള്ളയാണ് മദീനയുടെ ഭരണാധികാരി അതുകൊണ്ട് നബി സല്ലാഹു അലഹി വസല്ലമ്മയോട് കാര്യം അറിയിക്കണം അവർ നബിയുടെ അടുക്കൽ വന്നു സല്ലാഹു അലി വസ്ല്ലം അപ്പോൾ റസൂൾ ചോദിച്ചു ചൌറാത്തിൽ വ്യഭിചരിച്ചവർക്കുള്ള ശിക്ഷ എന്താണ് അപ്പോൾ ടൗറാത്തുമായി വന്നവൻ അവൻ പറഞ്ഞു ഞങ്ങൾ വ്യഭിചരിച്ച ആളുകൾ അവരെ നാട്ടിൽ അപമാനിക്കും വഷളാക്കിക്കളയും അതായത് അവർക്ക് വഷളാക്കാവുന്ന അടയാളങ്ങൾ വെച്ചു കൊടുക്കും അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കും അതോടൊപ്പം അവർക്ക് അടി കൊടുക്കും ഇതാണ് ഞങ്ങളുടെ ശിക്ഷ അപ്പോൾ അബ്ദുള്ള ഹെബിൻസലാം ഞാൻ നേരത്തെ പറഞ്ഞു അബ്ദുള്ള ഹബിനുസലാം അദ്ദേഹം പറഞ്ഞു ഖദപിച്ചു നിങ്ങൾ പറഞ്ഞു കളവാണ് തൗറാത്തിൽ അങ്ങനെയുള്ളത് തൗറാത്ത് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഒരുത്തൻ തൗറാത്തുമായി വന്നു എന്നിട്ട് റസൂൾ മുന്നിൽ വെച്ച് തൗറാത്ത് വായിക്കണം അറിയാത്ത പോലെ തൗറാത്തിന്റെ ഏടുകളിൽ കല്ലെറിഞ്ഞ് കൊള്ളുകയാണ് വേണ്ടത് വിഭിചരിച്ച ആളുകൾ അവരെ കല്ലെറിഞ്ഞു കൊള്ളുകയാണ് വേണ്ടത് എന്ന ചൗറാത്തിലെ നിയമം അത് മുകളിൽ അവൻ കൈവച്ചു അറിയാത്ത പോലെ എന്നിട്ടത് വായിച്ചു അബ്ദുല്ലാഹബിൻ സലാം പറഞ്ഞ് കയ്യെടുക്ക് കയ്യെടുത്തപ്പോൾ അതിന്റെ താഴെ റജ്മിന്റെ വിധിയുണ്ട് റജ്മൻ പറഞ്ഞാൽ കല്ലെറിഞ്ഞുകൊള്ളുക എന്ന നിയമം ആ നിയമമുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള കുതന്ത്രങ്ങളാണ് മദീനയിൽ യഹൂദർ കാണിച്ചത് അത് പിന്നീട് അതിന്റെ ഉത്തുംകതയിലെത്തുകയും അവർ മദീനയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുകയും ഞാൻ ഇത്രയും സംഭവങ്ങളൊക്കെ ഈ പറഞ്ഞതൊക്കെ എന്തിനു ഇനി കുറച്ചു കഴിഞ്ഞാൽ നബിസല്ലാഹുഅലി വസ്സലം യഹൂദരോട് സ്വീകരിച്ച ചില സമീപനങ്ങൾ നമ്മൾ കേൾക്കും അതിൽ ചില സമീപനങ്ങൾ വളരെ കടുത്ത സമീപനങ്ങളാണ് അത് കേൾക്കുമ്പോൾ എന്താണ് നബ്സല്ലാസ്വലം ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്നതൊരാൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ പശ്ചാത്തലങ്ങൾ അയാളുടെ മനസ്സിലുണ്ടായിരിക്കണം ഈ പറഞ്ഞ ഉൾമ്പുകളും ഉപദ്രവങ്ങളും കുതന്ത്രങ്ങളും എല്ലാം മദീനയിൽ ഉണ്ടാക്കി വച്ചതിന് ശേഷം കാലങ്ങൾക്ക് ശേഷം ഇനിയും ധാരാളം പറയാനുണ്ട് അങ്ങനെ അവസാനത്തെ പടിയായാണ് അബ്സുലം യഹൂദന്മാരോടുള്ള കടുത്ത ചില സമീപനങ്ങൾ പിൽക്കാലഘട്ടത്തിൽ സ്വീകരിച്ചത് അത് മനസ്സിലാക്കണമെങ്കിൽ റസൂദുള്ള കടന്നു വന്ന മദീനയിലേക്ക് എത്തിച്ചേർന്ന ഹിജറവർഷം ആദ്യത്തെ വർഷം ആ വർഷങ്ങളിൽ തന്നെ യഹൂദർ ചെയ്തു കൂട്ടിയ ചില സംഭവങ്ങളാണ് ഈ പറഞ്ഞത് ആ അനുഭവങ്ങളിൽ ചിലതാണ് ഈ പറഞ്ഞത് അതിൽ യഹൂദന്മാർ മുസ്ലിം സ്വീകരിച്ച സമീപനം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ മദീനയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിമുകളുണ്ട് യഹൂദരുണ്ട് മുഷിരിക്കുകളുണ്ട് മുഷ്രിഖുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ആകെ കുറച്ച് ആളുകളാണുള്ളത് അതിൽ ബഹുഭൂരിപക്ഷം പേരും പിന്നീട് ഇസ്ലാം മദീനയിൽ ശക്തി പ്രാപിച്ചപ്പോൾ ഒന്നല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേരു പറയുന്ന പുറത്തേക്ക് ഇസ്ലാം കാണിക്കുന്ന ഉള്ളിൽ നിഷേധം വച്ചുപുലർത്തിയ കുഫറും ഷിർക്കും ഉള്ളിൽ വെച്ചു പുലർത്തിയ മുനാഫുകളായി മദീനയിൽ ജീവിച്ചിട്ടുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ മുനാസിക്കുകൾ എന്ന വിഭാഗം ഉടലെടുക്കുന്നത് മദീനയിലാണ് കാരണം മദീനയാണ് ഇസ്ലാമിന്റെ നാടായി മാറിയത് മക്കയിൽ മുനാഫക്കുകളുടെ ആവശ്യമില്ല കാരണം അവിടെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളുമാണ് എന്നാൽ മദീന മുസ്ലിമീങ്ങളുടെ രാജ്യമാണ് മുസ്ലിമീങ്ങൾക്കാണ് ശക്തി അതോടുകൂടി അവിടെ ജീവിക്കണമെങ്കിൽ അവിടെ പല ഔദാര്യങ്ങളും ലഭിക്കണമെങ്കിൽ മുസ്ലിം ആവണമെന്ന അവസ്ഥ വന്നു അതോടുകൂടി ഒരു വിഭാഗം ആളുകൾ അവർ ഇസ്ലാമിൻ്റെ മറ പിടിക്കുകയും അങ്ങനെ മുനാസിത്തുകളായി കപടവിശ്വാസികളായി മാറുകയും ചെയ്തു ചില ആളുകൾ അവർ മക്കയിലേക്ക് ഉറൈശികളുടെ അടുക്കലേക്ക് തന്നെ തിരിച്ചുപോയി മദീനയിൽ നിന്ന് അവർ നേരെ ഷിർഖിന്റെ ആളുകൾ മക്കയിലേക്ക് ഹിജറായിരുന്നു ഹിജറാൻ പറഞ്ഞ അവരുടെ ഭാഷയിലുള്ള ഹിജറാൻ അവർ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോയി അതിൽ പ്രധാനപ്പെട്ടയാളാണ് അബു ആമിൻ അറാഹിബ് ഇവൻ മക്കയിൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോവുകയും മക്കാരെ നബിയോട് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത വലിയ ഷേപ്പാനാണ് അബുഅഹമർ അറാഹിബ് ഇവനാണ് പിൽക്കാലഘട്ടത്തിൽ ഭദ്ര യുദ്ധത്തിന് ശേഷം വഹതു യുദ്ധം അതിന് മുഷിരിക്കുകളെ സംഘടിപ്പിച്ചതും അതിന് കാര്യമായി സംഘാടനം നടത്തിയതും ഈ പറഞ്ഞ അബുഅഹബർ അറാഹിബാണ് അവനാണ് പിൽക്കാലഘട്ടം പിൽക്കാലത്ത് കാഫറായി തന്നെയാണ് മരിച്ചത് മുസ്ലിം ആയിട്ടില്ല തന്നെയാണ് അവൻ മരിച്ചത് മറ്റ് ഒരാൾ മദീനയിലുണ്ടായിരുന്ന മുഷിരിക്കുകളുടെ നേതാക്കന്മാരിൽപ്പെട്ട മറ്റൊരാൾ അബുവാഹിബിന് ഉബൈബിൻ സലൂലാണ് മദീനയുടെ ചരിത്രത്തിൽ ആവർത്തിച്ചു വരുന്ന പേരുകളിൽ ഒന്നാണ് അബ്ദുല്ലാഹെബിൻ ഉബൈബിൻ സലൂൺ മുനാസിഖുകളുടെ നേതാവ് ഒരു തടിച്ച വലിയ തടിയുള്ളവനായിരുന്നു വലിയ തടിയനാണ് അവൻ്റെ തടി കാരണം അവനൊരു കുതിരപ്പുറത്ത് കയറിയാൽ കുതിര അത് കാലിങ്ങനെ വലിച്ചു വലിച്ചിട്ടാണ് നടക്കുക പറയപ്പെട്ടിട്ടുണ്ട് അതിന് മാത്രം തടീൻ്റെ അവൻ അവരുടെ കൂട്ടത്തിലെ ബുദ്ധിമാനായിരുന്നു നേതാവുമായിരുന്നു മുന്നേ നമ്മൾ ചരിത്രം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആ യുദ്ധത്തിൽ അതിൽ നിന്ന് വിട്ടുനിന്നയാളാണ് അബ്ദുള്ള ഹബ്ദുബൈബ് റസലൂൽ അപ്പൊ യുദ്ധം അവസാനിച്ചപ്പോൾ ഔസും ഖസ്രജും അബ്ദുള്ള അബ്ദുനുബൈബ് റുസലൂലിനെ നേതാവാക്കി മദീനയിലെ രാജാവാക്കി പ്രതിഷ്ഠിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്ന സമയത്ത് അവന്റെ കസേര തുന്നിരിക്കുന്ന സമയത്താണ് നസാഹലം മദീനയിലേക്ക് വരുന്നത് അതോടുകൂടി റസൂളുള്ളയോട് അവന് കടുത്ത ശത്രുത ഉടലെടുക്കുകയാണ് ഉണ്ടായത് അബ്സ്വല്ലാസാല കടുത്ത ശത്രുത അവൻ ഉണ്ടാവുകയും ബദർ യുദ്ധത്തിന് ശേഷം ഗതികേട് കൊണ്ട് മുസ്ലിം ആവുകയാണ് ചെയ്യുന്നത് ബദർ യുദ്ധം വരെ അവൻ മുസ്ലിം ആയിട്ടില്ല ബദർ യുദ്ധമാണ് മുസ്ലിമീങ്ങൾക്ക് മദീനയിലെത്തിയെങ്കിൽ കൂടി പ്രതാപം നൽകുന്നത് അവർക്ക് ശക്തി പ്രകടമായി നൽകുന്നത് ബദർ യുദ്ധമാണ് ബദർ യുദ്ധം സംഭവിക്കുന്നതോടു കൂടിയാണ് മുസ്ലിമീങ്ങൾ അവർക്ക് ശക്തി പ്രകടമാകുന്നത് അത് വലിയ അള്ളാഹുവിന്റെ ആയത്തുകളിൽപ്പെട്ട സംഭവമായിരുന്നു ഇവൻ മുഷ്രിക്ക് ആയിരുന്ന കാലഘട്ടത്തിൽ റസൂൽഹിള്ളാഹു അലൈഹി ഒത്തല്ലമയെ പരിഹസിക്കുകയും അവിടുത്തെ കളിയാക്കുകയും ചിലപ്പോഴെല്ലാം അവിടുത്തോട് മുഖത്തുനോക്കി മോശമായ വർത്തമാനങ്ങൾ പറയുകയും ചെയ്യുമായിരുന്നു അബ്ദുല്ലാഹിബനുബൈ ഒരിക്കലും റസൂൽ അടുക്കലേക്ക് വന്നപ്പോൾ അവൻ പറഞ്ഞു ഇതിൻ്റെ കഴുതയും കൊണ്ട് മാറി എന്തൊരു മാറ്റമാണ് ഇതിൻ്റെ കഴുതക്ക് അപ്പോൾ സഹാബികളിൽ പെട്ട ഒരുച്ചം പറഞ്ഞ് റസൂലിന്റെ കഴുതയ്ക്ക് നിന്നക്കമാണുണ്ട് അങ്ങനെ മുനാഫിക്കുകളും അല്ലെങ്കിൽ മുഷിരിഖുകളും മുസ്ലിംകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഉദും തള്ളുമുണ്ടായി റസൂൽ അവരെ സമാധാനിപ്പിച്ചു പിരിച്ചയച്ചു നബിസാഹു അലിഹ് വസല്ലം എപ്പോഴെങ്കിലും മുഷിരിക്കുകൾ ഇരിക്കുന്ന സദസ്സിൽ പോയി അവിടുന്ന് ദാവത്ത് നടത്തിയാൽ അനുവദിക്കൊടുക്കും ഇസ്ലാമിലേക്ക് ക്ഷണിക്കും മദീനയിലായിരിക്കെ അപ്പോൾ ഉബൈ ഉബ് സലൂൽ അവൻ പറയും നീ നിന്റെ പള്ളീൻ്റെ ഉള്ളിൽ ഇതൊക്കെ നടത്തിയാൽ മതി ഇവിടെ ഞങ്ങൾക്ക് ഇരിക്കുന്ന സ്ഥലത്ത് നീ ഇതേറ്റ് വരാൻ പാടില്ല റസൂൽ അള്ളാഹിസം ഒരിക്കൽ സഹാബികളെ അൻസാരികളുടെ നേതാവായ സാദ് റബി അള്ളാഹു അനുഹുവിനോട് ഈ സംഭവം പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല അവന് നിങ്ങൾ കാര്യമാക്കണ്ട അവനിവിടെ നമ്മുടെ നാട്ടുകാർ രാജാവാക്കാൻ തയ്യാറാക്കി വെച്ചതായിരുന്നു നിങ്ങൾ വന്നപ്പോൾ അവന്റെ അധികാരമാണ് പോയത് അതുകൊണ്ട് അവന് നിങ്ങൾ വിട്ടുകൊടുത്തേക്ക് അവന് നിങ്ങൾ കാര്യമാക്കണ്ട എന്ന് നബിസല്ലാഹുഅലി വസല്ലമെറബിഅു അദ്ദേഹം സമാധാനിപ്പിക്കുകയാണ് ഉണ്ടായത് കുറൈശികൾ അവർ മദീനയിൽ ഉണ്ടായിരുന്ന ഈ മുഷിരിക്കുകളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് കുറൈശികൾ മദീനയിൽ ഉണ്ടായിരുന്ന മുഷിരിക്കുകളെ മുസ്ലിംങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പ്രസൂലതയെ കൊലപ്പെടുത്താൻ വേണ്ടി അവരോട് പറഞ്ഞിട്ടുണ്ട് പുറേശികൾ ചില സമയത്ത് മുഷിരിക്കുകളെ കണ്ടു കഴിഞ്ഞാൽ മറ്റു പുറത്തുനിന്ന് മദീനക്ക് പുറത്തു വെച്ച് മദീനയിലുള്ള മുഷിരിക്കുകൾ പുറൈശികൾ കണ്ടുമുട്ടിയാൽ ഒരിക്കലും അബൂജഹൽ തന്നെ പറഞ്ഞു നിങ്ങളുടെ അവിടേക്ക് വന്ന മുഹമ്മദിനെ നിങ്ങൾ കൊന്നു കളഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്ന് യുദ്ധം ചെയ്യും അങ്ങനെ മുഷരിക്കുകൾ പുറൈശികൾ അവർ മദീനയിലെ മുഷിരിക്കുകളുമായി രഹസ്യമായ കരാറുകളിലും സന്ധികളിലും മറ്റുമൊക്കെ ഏർപ്പെട്ടിരുന്നു അക്കാരണത്താൽ നബിസ്വല്ലാഹു അലഹി വസല്ലം മദീനയിലെ ആദ്യ ദിവസങ്ങളിൽ അവിടുത്തെ വീടിന് കാവലുണ്ടായിരുന്നു ഒരിക്കൽ ലബിസ്വല്ലാ വസ്ലം രാത്രി ഉറങ്ങാതെ കിടക്കാൻ ഇഷാ റബി അള്ളാഹു അനഹ അപ്പോൾ അള്ളാഹുല്ല റസൂൽ അലൈഹി വസ്ല്ലം പറഞ്ഞു സഹാബികളിൽപ്പെട്ട ഏതെങ്കിലും സാലെഹായ ഒരാൾ ഏതെങ്കിലും നല്ല ഒരാൾ എനിക്കൊരു കാവൽ നിൽക്കാൻ ഇവിടെ വന്നിരുന്നെങ്കിൽ അങ്ങനെ കുറച്ച് കഴിഞ്ഞില്ല അപ്പോൾ നബി സാഹി അലിം വീട്ടിന്റെ പുറത്ത് വാള് ഉറയിൽ നിന്ന് ഊരുന്ന ശബ്ദം കേട്ടു അപ്പോൾ റസൂൾ ചോദിച്ചു ആരാണത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാദു നബി ഒക്കാസാണ് റസൂൾ പറഞ്ഞു എന്തിനാണ് വന്നത് സാദേ അദ്ദേഹം പറഞ്ഞു നബിയെ നിങ്ങളിവിടെ കിടക്കല്ലേ നിങ്ങൾക്ക് കാവലിരിക്കാൻ വേണ്ടി വന്നതാണ്